ൂപന്തേ ശാത്തപാവനമചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ തുന്തിലം മഹം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരഹം श्री ഗുരുസാക്ഷാം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീ जनितं ആവർത്തപു ജനം देशे विहृतं പ്രപദ് ശോണാ ചല പ്രസ്ഥും പ്രപ ഭിക്ഷു തപ്പളേശ സഹം പ്രപ്രഹകീട്ടസമം പ്രപ ജിതരി ഷഡ്വർഗമഹം പ്രപദ്താസാരഭൃദം പ്രപദ്േ നിസ്സീമകാരുണ്യനിധിം പ്രപത്യം അസ്മാപഞ്ചാധിഗം പ്രപദ് വിശ്വാധിഗോക്വിഷയം കാഗ്രഹഗ്രാഹഭയാപ്പുശിക്ഷാകൃതിനം പ്രപദ്ം വിനേതുമാർത്തിഷയാധനയാം വിജ്ഞാനമൂർത്തിധം പ്രപദ്ധ്യേം കണ്ടർപ്പർപ്പരവായ കരിലീലാവതരം പ്രപദ്ജന്മവർണിവ്രതിനം പ്രപദ്േ കുണ്ഠീഭൃതം ദണ്ഡധരം പ്രപദ്ം ബ്രഹ്മാസനധ്യാനം പ്രപദ് ബ്രഹ്മാത്മഭൂയം യനം പ്രപദ് ഹരം പ്രപദ് വിജലം പ്രപദ്ധേ സ്വതന്ത്ര സദനം പ്രപദ്ധേ അമേയസാമ്യവഹം പ്രപദ് വിശുദ്ധവിജ്ഞാതിവരം പ്രപദ്ഭാഗ്യതാത്രയമമോഹസന്രമഹം പ്രപദ് യസമപേത പാപം അവാം വിശുചം പ്രപനഃ പ്രസാദസ്മോൽസി മുഖം പ്രപദ് വ്യഥാശേഷാ വ്യപനീയ മോദ പ്രദേണം പ്രപദ് ശിവം പ്രപദ് ശിവദം പ്രപദ് ഗുരുമ്പേ ഗുണിനം പ്രപേ മദീയഹൃത് പത്മജുഷ പ്രപേ ശരണ്യ്യമീശ പ്രപന്വിശ്യമവാചയിമാസുപത സഞ്ജീവയക്കില ശക്തിധരസ്വധാ അനാശഹസ്തരണവണത്ഗാദീൻ പുരാണാനമോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഹരി ഓ പാർ പ്രതിബോധിതായണേന സ്വയം വ്യാസന ഗ്രഥിതം പുരാണമുനി മധ്യേ മതവൈതമൃവർഷിണവധ്യംബമനുസന്ദി ഭഗവത് ീതീ നമോസ്തുവ്യസ വിശാല ബുദ്ധി പുറവിന്യത പത്ര നേത്രയാ ഭാരതൈല പൂർണ്ണ പ്രജ്വാളിപ്പോ പ്രപന്ന പരിജാ തോത്ര വൈത്രേകണേ ൃണ ഗീതൃത ദുഹേയോപരിഷാവോ ദുഃഖാ ഗോപാളനന്ദന പാർ വൽസുധീർഭോക്തീതൃത മഹത് വസുദേവസുതംസാണൂരമർദന ദമാനന്ദം ഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കു ലങ്കയത്തെ ഗിരി യത്കൃതമഹം വന്ദേ പരമാനന്ദമാഭവ്രഹരുണേന്ദ്രദ്രമരുത സ്തുൺൺവന്തി വേദസാംഗപദ്രമോപനിഷദൈ योगिनो ദ്ഗത മനസ പശ്യം യോഗിനോ യം നദുസുരാ പാർസാരഥി ശ്രാവി ശുഭം ഗിരം പാർയാർത്തിഹരോ ദൂർത്തിന ഈശാവാസ്യ ഉപനിഷത്തില് വളരെ ചെറിയ ഉപനിഷത്ത് ശുക്ലവേദാന്തർഗതമായ ഉപനിഷത്ത് അതിൽ വളരെ ഗൂഢമായ ചില മന്ത്രങ്ങളിലൊന്നാണ് വിദ്യാവിദ്യാഭിഷേകമായത് അവിദ്യയിൽ മുങ്ങിയിരിക്കുന്നവൻ അന്ധം തവിശത്തി തോ ഭൂയം വിദ്യു തീർ വിദ്യു പറയുമ്പോ കർമ്മം മുഴുവനും പെടും ലൗകിക ജീവിതം വ്യവഹാര ജീവിതം നമുക്ക് ഒരു ഫാക്ടാണ് ലേ നിഷേധിക്കാൻ ഒക്കില്ല ഒരു ഫാക്ട് ഊണ് കഴിക്കണ്ടേ ചോദിച്ചാൽ നമ്മൾ അതാണ് തിരിച്ചു ചോദിക്കുക സമയത്തിന് ഊണ് കഴിച്ചാൽ അല്ലേ പോവുള്ളൂ വെള്ളം കുടിക്കണ്ടേ ജീവിക്കണ്ടേ അതിനെ പ്രവർത്തിക്കണ്ടേ ഒക്കെ ചോദിക്കും അത് ഫാക്ടാണ് ബട്ട് ഫാക്ട് ഈസ് ഓൾവേസ് നോട്ട് ട്രൂത്ത് ഫാക്ട് വേറെ ട്രൂത്ത് വേറെ ഫാക്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് ട്രൂത്ത് Truth ennu പരമാർത്ഥമാണ് അല്ലെ ഒന്ന് മിഥ്യ എന്ന് പറയുന്നു മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നർത്ഥമല്ല ഫാക്ട് ആണ് അപ്പൊ നിങ്ങൾക്ക് വാസ്തവമാണ് സത്യം എന്ന് പറയുന്നത് മാറാതെ ഇരിക്കുന്നതാണ് അപ്പൊ ഈ മിഥ്യയെ അവിദ്യ ennu പറയുന്നു പക്ഷെ അവിദ്യയെ ഒന്നടങ്കം തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് അവിദ്യ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്തിട്ട് വിദ്യകൊണ്ട് അമൃതത്വത്തിനെ നേടുന്നു എന്നുവെച്ചാൽ ഈ അവിദ്യാമയമായ പ്രപഞ്ചത്തിലും ജീവിക്കാൻ ചില നിയമങ്ങളും ശാസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം പക്ഷേ അതിൽ പെർഫെക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാനേ ഒക്കില്ല ഇവിടെ സുഖമായിട്ടിരിക്കാൻ നമ്മളെ കൊണ്ടാവുന്നത്ര ഒക്കെ ചെയ്യാം ഒരിക്കലും ഇതിനെ നിഷേധിച്ചുകൊണ്ട് വേദം പോകുന്നേ ഇല്ല സഹനാഭവത്വ സഹനൗഭുനു സഹവീര്യം കറവാഹ് നമ്മളൊക്കെ കൂടെ ചേർന്ന് പരസ്പരം ചേർന്ന് സ്നേഹത്തോടുകൂടെ പരസ്പരം സഹായിച്ചും ഈ ശരീരം എന്ന് പറയുന്ന ഈ ഉന്തു ഉണ്ടല്ലോ അത് അവസാനം വരെ കൊണ്ട് എത്തിക്കണം അതൊരു തള്ളുവണ്ടിയാണ് ആ വണ്ടി കുറെ കഴിയുമ്പോ ഭഗ്നശകടമായിട്ട് തീരും അതിനെ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ആർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ശരീര മനോമണ്ഡലത്തില് ലിമിറ്റഡ് പ്ലെയിൻ ഓഫ് ലിമിറ്റേഷൻ ഇവിടെ ഒരിക്കലും പെർഫെക്ഷൻ സാധ്യമല്ല ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു അനിത്യം അസുഖം ലോകം ഇതിലൊരു മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ട് എന്ന് മാനുഫാക്ചറർ തന്നെ പറഞ്ഞു അനിത്യം അസുഖം ലോകം അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവിടെ നിത്യം സുഖം കിട്ടും ഇത് നിത്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കണം നമ്മൾ വിചാരിക്കും അവസാനം കൈവിട്ടു പോകും അതുകൊണ്ട് ഇവിടെ അതേസമയം ഇതിനെ നിഷേധിക്കാൻ നോക്കുവോ നിഷേധിക്കാൻ ആർക്കും പറ്റില്ല ശരീരമുള്ളവരെ നമ്മൾ ജീവിക്കുന്നവരയ്ക്ക് ഇവിടുത്തെ ചില ധർമ്മങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കണം അതിനനുസരിച്ചാണ് ഓരോ കാലത്തും ഓരോ രാജ്യത്തിനും പറ്റിയ ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ക്ഷേമമായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആപ്തന്മാർ നമ്മളവരെ ഋഷികളെന്ന് വിളിക്കുന്നു അവര് ധർമ്മശാസ്ത്രമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഒക്കെ പ്രാവർത്തികമാക്കി കുറെ ഒക്കെ തന്നെ ഈ സമൂഹത്തിൽ ഒരു സുഖം ഉണ്ടാക്കി കൊടുത്തു ആവുന്നത്ര അതൊക്കെ പക്ഷെ കാലത്തിന്റെ പോക്കില് ദുഷിച്ചു പോകും നശിച്ചു പോവും മാറിപ്പോകും അതിനെയാണ് നമ്മള് സ്മൃതി എന്ന് പറയുന്നത് സ്മൃതി മാറിക്കൊണ്ടിരിക്കും ശ്രുതി മാറില്ല ശ്രുതി ഒരിക്കലും മാറില്ല അത് ആത്മാവിനെ ആത്മജ്ഞാനമാണത് ആത്മാവിനെ കുറിച്ചുള്ളതിന് ഒരു മാറ്റമില്ല അത് ഏത് വേൾഡിൽ എവിടെ പോയാലും എല്ലാവരും ഒരേ ശാസ്ത്രമാണ് സ്മൃതി നോക്കാൻ നമുക്കൊരു നിയമമാണ് വേറെ സ്ഥലത്തൊരു നിയമമാണ് ഇപ്പൊ തന്നെ കേരളത്തിൽ വേറെ നിയമമാണ് വങ്കദേശത്തിൽ വേറെ നിയമമാണ് അംഗദേശത്തിൽ വേറെ നിയമമാണ് ഭാരതത്തിലുള്ള ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വേറെ നിയമമാണ് അതുകൊണ്ട് കേരള തമിഴ് ഇന്ത്യയിൽ തന്നെ ബാക്കിയുള്ള സ്ഥലത്തുള്ള സ്മൃതികാരന്മാര് പറയും അംഗവംഗ കലിംഗാൻശ്ശ കേരളാൻശ ഇവ വർജയേത് നിങ്ങൾക്ക് എന്തൊക്കെ സ്മൃതി നിയമങ്ങളുണ്ടോ ഈ നിയമങ്ങളിൽ അംഗം വങ്കം കലിംഗം കേരളം ഇവരുടെ കൂടെ ചേരാൻ പാടില്ല എന്നാണ് എന്താന്ന് വെച്ചാൽ അത് പ്രത്യേക നിയമമാണ് അവിടേക്ക് ചില നിയമങ്ങളുണ്ട് അവിടേക്ക് ചില ശാസ്ത്രങ്ങള് അവിടെ ചിലര് ആ ദേശത്തിന്റെ ചില കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതകൾ അതൊക്കെ അവിടുത്തെ പ്രകൃതി അവിടുത്തെ ജീവിത രീതി അതൊക്കെ കണ്ടുകൊണ്ട് ചില ചില മാറ്റങ്ങൾ ചില ചില ദേശാചാരങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പഴയ കാലത്ത് മനുഷ്യർക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്ഥലം കഴിഞ്ഞ് പോവില്ല ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്പൂരിമാര് കേരളം ഇട്ട് പോവില്ല ഒരു കാലത്ത് സാഠ്യം ഇവിടുന്ന് പുറത്തു പോയാൽ ആചാരഭംഗം വന്നു അത് പ്രകൃതി നിയമമാണ് നമ്മളതൊക്കെ ദുരാചാരമെന്നും മണ്ഡത്തരമെന്നും പറയും പക്ഷേ നിങ്ങളൊക്കെ അതേസമയം നിങ്ങൾ വാദിക്കുന്നു നാച്ചുറലായിട്ടിരിക്കണം എന്ന് വാദിക്കുന്നു നാച്ചുറലായിട്ടിരിക്കുന്ന മൃഗങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു നാല് മാസം മുമ്പ് ഞാൻ തനിച്ച് ഞങ്ങൾ കുറച്ച് പേരായിട്ടൊരു ഏകാന്തമായ ഒരു ആശ്രമത്തിൽ താമസിക്കണം അവിടെ വലിയ വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു പാമ്പ് നമ്മൾ കെട്ടുപരി എന്ന് പറയണതിൻ്റെ വലിയ വെറൈറ്റി ലോകത്തിലെ ഏറ്റവും വിഷം പിടിച്ച പാമ്പാണ് അതൊരു വെള്ളത്തിൽ പെട്ടുകിടക്കാണ് അപ്പൊ അവിടെയുള്ള ആൾ ഉടനെ പേടിച്ച് പാമ്പ് പിടിക്കണ ഒരാളെ കൊണ്ടുവന്നു അയാൾ ഇതിനെ നല്ലവണ്ണം അറിയണ ആളാണ് കൊല്ലാതെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടാക്കണം അയാൾ എന്ത് ചെയ്തു വെച്ചാൽ പാമ്പിനെ പിടിച്ചിട്ട് അടുത്ത് തന്നെ ഉള്ള ചെടിയുടെ ഉള്ളിലേക്ക് എങ്ങിട്ടു അദ്ദേഹം പറഞ്ഞു അയ്യോ ഇവിടെ തന്നെ ഇട്ടാ അത് ഇനി ഒന്നും വരില്ലേ അത് കടിക്കുക ഒന്നുമില്ല പക്ഷേ ഇതിനെ ഒരു പത്ത് കിലോമീറ്റർ ദൂരത്ത് കൊണ്ടുപോയി ഇട്ടാൽ ഇത് ചത്തുപോകും അതിന്റെ ഏരിയ കടത്തി കൊണ്ടുപോയി ഇട്ടാ മതി നിങ്ങൾ കൊല്ലുമൊന്നും വേണ്ട താനേ ചത്തുപോകും ഇതാണ് പ്രകൃതിയുടെ നിയമം മനുഷ്യന് ബുദ്ധിയുള്ളത് കൊണ്ട് പ്രകൃതിയെ അതിലംഘ ലംഘനം ചെയ്ത് ഉല്ലംഘനം ചെയ്തിരിക്കണു പക്ഷെ നമ്മൾ ഇവിടെ ജനിച്ച ഭൂമിയുടെ ഈ സ്ഥലത്ത് ജനിച്ചിരിക്കണു നമ്മൾ ഭൂമിയുടെ ആ തലത്തിലേക്ക് പോകും നമ്മളുടെ സെൽ നമ്മളുടെ ജീൻസിന് അത് അറിയില്ല അവിടെ കോൺഫ്ലിക്ട് നിശ്ചയായിട്ടുണ്ടാവും പക്ഷെ അത് കേൾക്കാനുള്ള ചെവി നമുക്കില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചില ചില സ്മൃതികാരന്മാർ ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ വെച്ചു അതൊക്കെ നമുക്ക് പ്രായോഗികമോ കാര്യം വരെ അപ്പൊ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങള് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമായിട്ട് ചാത്തുർവർമ്മ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞത് അത് ഓരോ നാട്ടിനും ഓരോ വിധത്തിലാണ് ഓരോ രാജ്യത്തിൽ ഓരോ പോലെയാണ് തസ്യ കർത്താരമഭിമാം വിധി അകർത്താരമവ്യയം എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നു ഞാൻ തന്നെ മാറ്റുന്നു ഞാൻ തന്നെ മറിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ മാറാതെ ഇരിക്കുന്ന ഒരു വിഷയമാണ് ആത്മജ്ഞാനം എന്ന് പറയണത് സ്വരൂപജ്ഞാനം എന്ന് പറയണത് അത് ഒരു കാലത്തും മാറില്ല ഒരു കാരണവശാലും മാറില്ല അത് സത്യം ആണ് അത് വ്യാവഹാരികമല്ല അത് റിലേറ്റീവ് ആപേക്ഷികമല്ല അത് പരമാർത്ഥമാണ് ത്രിശുഭി അവസ്ഥാഭി ന വ്യഭിചരത്തി തത് സത്യം മൂന്നവസ്ഥകളിലും യാതൊന്നും മാറാതിരിക്കുന്നു അതിനെ സത്യം എന്ന് പറയുന്നു മൂന്നവസ്ഥകൾ എന്ന് വെച്ചാൽ ഭൂതകാലം വർത്തമാന കാലം ഭാവി കാലം ലേ ഈ കാലം എന്നുള്ള ഒരു വിഷയത്തിനെ അന്വേഷിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് സത്യം ഇവിടെ കിട്ടും ടൈം ടൈം എന്ന് പറഞ്ഞാൽ എന്താ അതന്വേഷിച്ചാൽ തന്നെ നമുക്ക് നിന്നു പോകും നമ്മൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താ ഈ ടൈം പീസ് വാച്ചലുള്ളതാണോ ടൈം അമേരിക്കയില് ഓരോ വർഷം കൂടുമ്പോഴും അവർ ടൈം മാറ്റിക്കൊണ്ടിരിക്കും കുറച്ച് കുറച്ച് ടൈം എന്ന് പറയുന്നത് ക്ലോക്കിന്റെ ടൈമാണോ ടൈം എന്താ ടൈം നമുക്ക് പാസ്റ്റ് ടൈം പ്രസന്റ് ഫ്യൂച്ചർ ഭൂതകാലം വർത്തമാന കാലം ഭാവി കാലം ഇതാണോ ടൈം നമ്മൾ പറയുന്നത് മനസ്സുകൊണ്ട് അറിയപ്പെടുന്നതാണ് സത്യം എന്നാണ് നമ്മളുടെ വാദം അങ്ങനെയാണെങ്കിൽ ഭൂതകാലം മനസ്സുകൊണ്ട് അറിയപ്പെടുന്നു ഭാവി കാലവും മനസ്സുകൊണ്ട് അറിയപ്പെടുന്നു നിങ്ങൾ ഈ വർത്തമാനകാലം എന്ന് പറയുന്ന സാധനത്തിനെ മനസ്സുകൊണ്ടൊന്ന് തൊട്ടുനോക്കൂ തൊടുമ്പോഴേക്കും അത് ഭൂതകാലമായിട്ട് മാറും ഒരു ഗംഭീര വിഷയം വളരെ സിംപിൾ നിങ്ങൾ മനസ്സുകൊണ്ട് എപ്പോ ഇപ്പോ എന്ന് പറയുന്നതിനെ തൊടുന്നു അപ്പോഴേക്കും അത് അപ്പോ ആയിട്ട് മാറും ഇറ്റ് ബിക്കം പാസ്റ്റ് വർത്തമാനത്തിന് തൊടാനേ മനസ്സിന് പറ്റില്ല മനസ്സ് എന്തിനെ തൊടുന്നു അത് ചത്തുപോകും മൈൻഡ് ക്യാൻ കാരി ഓൺലി ഡെഡ് മാറ്റർ മെമ്മറി മെമ്മറി എന്ന് പറയണത് ഡെഡാണ് അല്ലേ ലാസ്റ്റ് മൊമെന്റ് ഓവർ അനുഭവിക്കാൻ പറ്റുമോ ാസ്റ്റ് മൊമെന്റിനെ അനുഭവിക്കാൻ പറ്റുമോ ഫ്യൂച്ചറിനെ അനുഭവിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ പറയണത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഉണ്ട് അത് ടെൻസിലുണ്ട് വ്യാകരണത്തിലുണ്ട് പക്ഷെ അനുഭവത്തിൽ നോക്കുമ്പോ പാസ്റ്റും അനുഭവത്തിലില്ല ഫ്യൂച്ചറും അനുഭവത്തിൽ അനുഭവം എപ്പോഴും വർത്തമാന കാലമാണ് പക്ഷെ മനസ്സ് അത് തൊടുമ്പോഴേക്കും പാസ്റ്റാകും മനസ്സ് ഇമാജിൻ ചെയ്യണത് ഫ്യൂച്ചർ മനസ്സ് മെമ്മറി ആയിട്ട് വെച്ചിരിക്കണത് പാസ്റ്റ് പക്ഷെ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഒരിക്കലും പാസ്റ്റിലും സാധ്യമല്ല ഫ്യൂച്ചറിലും സാധ്യമല്ല ഇറ്റ് ഈസ് ഇറ്റേണൽ പ്രിസെന്റ് നൗ ചിത്തവൃത്തി വരുമ്പോൾ ആ വൃത്തി ഐദർ ഇറ്റ് ഷുഡ് ബി മെമ്മറി ഓർ ഇമാജിനേഷൻ ഒരിക്കലും വൃത്തി അനുഭവത്തിനെ വൃത്തിയിൽ കൊണ്ടുവരാനേ പറ്റില്ല പ്രസന്റ് മൊമെന്റ് നൗ എക്സിസ്റ്റൻസ് അസ്തിത്വം ഇരുപ്പ് നിലനിൽപ്പ് എന്ന് പറയുന്നത് മനോമണ്ഡലത്തിലേക്ക് വരികയേ ഇല്ല അത് അനുഭവത്തിൽ മാത്രമാണ് ഇത് തന്നെ നമുക്ക് നോക്കുമ്പോ അനുഭവം ഒരിക്കലും ചിത്തവൃത്തിയാവില്ല ചിത്തവൃത്തിയാകുമ്പോ അത് അനുഭവമേ അല്ല മനസ്സിലായോ മനസ്സിലായാൽ ശരിയല്ല അത് മനസ്സിലാവണ കാര്യമല്ല മനസ്സ് കൊണ്ടുപിടിച്ചാൽ പോയി ഇങ്ങനെ കിട്ടണം പ്രത്യപിക്കാം എന്നാണ് പറയുക നമ്മുടെ റെക്കഗ്നിഷൻ തിരിച്ചറിവ് അപ്പൊ വർത്തമാനകാലം യോഗവാസിഷ്ടത്തിൽ ഒരു ശ്ലോകം തന്നെയുണ്ട് രാമൻ രാമന് വസിഷ്ഠൻ ഉപദേശിക്കുമ്പോൾ പല ടെക്നിക്കും പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു കാര്യം പറയുകയാണ് വർത്തമാനം അനായാസ്യാക്ഷണം ഭൂതം ഭവിഷ്യത് അഭത് യാതിചിത്തതാം രാമൻ ചോദിച്ചു വസിഷ്ഠരോട് എങ്ങനെ ചിത്രത്തിനെ സമാഹിതമാക്കി വെച്ചുകൊണ്ടിരിക്കാം അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു ഹേ രാമ വർത്തമാനം അനായാസം ഭജത്ത് വലിയ പരിശ്രമവും മെനക്കേടും ഒന്നും കൂടാതെ സദാ ജാഗരൂകനായിട്ട് വർത്തമാന കാലത്തിൽ ഇരുന്നു കൊണ്ടിരിക്കാം ഭൂതം ഭവിഷ്യത് ഭൂതത്തിലേക്കും ഭവിഷ്യത് കാലത്തിലേക്കും ഇങ്ങനെ പെന്തുലം പോലെ പോവാൻ അനുവദിക്കാതിരുന്നാൽ ചിത്തം അച്ചിത്തതാം യാതി ചിത്തം ചിത്തം അല്ലാതായിട്ട് തീരും മൈൻഡ് വിൽ ബിക്കം നോ മൈൻഡ് അപ്പോ ഒരു ചിത്തവൃത്തിയും ഇല്ലെങ്കിൽ ഒരു വിചാരമില്ലെങ്കിൽ അവിടെ എന്തുണ്ട് ഒരു വെസ്റ്റേൺ തിങ്കർ പറഞ്ഞു ഐ തിങ്ക് സു ഐ ആം ഏറ്റവും വലിയ വിഡിത്തങ്ങളിലൊന്നാണ് പക്ഷെ അത് സാധാരണ മനുഷ്യന്റെ വിചാരമോ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ഉണ്ടെന്നാണ് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മളില്ലേ ചിന്തിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിലുള്ളത് നമ്മുടെ മഹർഷിയുടെ ലോകത്തിൽ ഒരുപക്ഷെ ആരും അങ്ങനെ ഒരു വാക്കു പറഞ്ഞിരിക്കാനേ സാധ്യതയില്ല അങ്ങനെ ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലാരും പറഞ്ഞിരിക്കില്ലേ അങ്ങനെ ഒരു വാക്യം എന്താന്ന് വെച്ചാൽ ടു തിങ്ക് ഇസ് നോട്ട് യുവർ റിയൽ നേച്ചർ ചിന്തിക്കുക എന്ന് പറയണത് എന്റെ സ്വഭാവമല്ലേ സ്വരൂപമല്ലാശ്ച ചിന്തായാശ്ച ബിന്ദു മാത്രം വിശേഷണം ഈ ചിന്ത ചിത എത്ര വ്യത്യാസമുണ്ട് ഒരു ഇം ഒരു ബിന്ദു മാത്രം വിശേഷണം ചിതയ്ക്കും ചിന്തക്കും ഒരു ഇമ്മേ വ്യത്യാസമുള്ളൂ ആ ഇമ്മെടുത്താൽ മൃതം ദേഹം ചിത മരിച്ചുപോയ ശരീരത്തിനെ ദഹിപ്പിക്കുമെങ്കിൽ ചിന്താ ദഹതി ജീവിതം ചിന്തയുണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോ തന്നെ അതിങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ചിന്ത എന്ന് പറയണത് നമ്മളുടെ സ്വരൂപമല്ല ചിന്തയ്ക്ക് അപ്പുറം അതുകൊണ്ട് സ്പർശിക്കപ്പെടാതെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേഘങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേഘത്തിന് പുറകിൽ ആകാശമുണ്ട് അല്ലേ ഓരോ മേഘം ഇങ്ങനെ പോകുമ്പോഴും ഒരു മേഘത്തിനും ഒരു മേഘത്തിനും നടുവില് സ്പേസ് ഉണ്ട് ആകാശമുണ്ട് അതുപോലെ നമ്മളുടെ ചിത്തവൃത്തികൾ ഓരോ നടുവിലും ഒരു ഒരു വിടവുണ്ട് ഒരു ഇടയുണ്ട് ആ വിടവില് കാണപ്പെടുന്ന ആ ഇടയില് കാണപ്പെടുന്ന വസ്തുവാണ് നിങ്ങളുടെ സ്വരൂപം അതാണ് നിങ്ങൾ നിങ്ങളൊക്കെ ഇടയന്മാരാ സബ് വൃത്തി കൃഷ്ണസ്വരൂപ് ആപ്പസ് മേ ജലകത്ത് ഏ ഹെ റാസ അനൂപ് എന്ന് പറഞ്ഞൊരു പാട്ട് ഹിന്ദി ഒരു ഓരോ വൃത്തിയും ഗോപികയാണെന്ന് ഓരോ വൃത്തിക്ക് നടുവിലും എന്ത് ജ്വലിക്കുന്നു അത് കൃഷ്ണസ്വരൂപമാണ് അത് കാണുന്നത് രാസമാണെന്ന് ഓരോ ചിത്തവൃത്തികൾക്ക് നടുവിലുമുള്ള വിടവില് നമുക്ക് കാണാം ചിത്തവൃത്തി ഇല്ലാത്ത ഒരു ഒരു ഗ്യാപ്പ് ഒരു മൊമെന്റ് അവിടെ നമ്മൾ സംശുദ്ധമായിട്ട് ഇരിക്കണം പ്യുറായിട്ട് ഇരിക്കണം അതാണ് നമ്മളുടെ സ്വരൂപം അത് ചിത്തവൃത്തികൾ കൊണ്ടൊന്നും ബാധിക്കപ്പെടുന്നില്ല അതിലെ നമ്മളുടെ റെക്കഗ്നിഷൻ നമ്മളുടെ തിരിച്ചറിവ് അവിടെ അതാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞാൽ മനസ് ചലിച്ചാലും പോലും നമ്മൾ ബാധിക്കപ്പെടില്ല ഇത് പല വഴിക്കും ആ പോവാണ് സത്സംഗത്തിന്റെ പ്രയോജനം അതാണ് സത്സംഗം എന്തിനാന്ന് വച്ചാൽ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് നിങ്ങൾ എഴുതി എടുക്കുക ഒന്നും വേണ്ടെന്ന് പറയണത് എഴുതിയെടുക്കലൊക്കെ പഠിപ്പിക്കലാണ് പഠിക്കലാണ് പഠിക്കൽ ഒരുപാട് നമ്മൾ കഴിഞ്ഞു അല്ലേ മുമ്പ് പറയും എപ്പോ നോക്കിയാലും പഠിക്കലാണെന്ന് പറയും പഠിക്കൽ ഉമർത്തിരിക്കുക എന്നർത്ഥം ഒരുപാട് പഠിച്ചു എത്ര പഠിച്ചു പഠിച്ചു പഠിച്ചപ്പോ എന്ത് കണ്ടു പഠിച്ചതൊക്കെ മറന്നുപോകും നമുക്ക് സത്സംഗം പഠിപ്പിക്കാനല്ല അത് ക്ലാസ് അല്ല കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ചിത്തം ചിത്തമായിട്ട് സമ്പർക്കം പുലർത്തും ചിത്തുമായിട്ടൊരു സംഘമുണ്ടാവും സ്വരൂപമായിട്ടൊരു സംഘം ഉണ്ടാവും നമ്മളുടെ ഉള്ളില് മാറാതെ അനസ്യൂതം അനുസ്യൂതം പുറകിലുള്ള ആ ബോധ ബോധത്തിൻ്റെ അടുത്ത് ഒരു വിനിമയം ഉണ്ടാവും ഒരു കമ്മ്യൂണിയൻ ഉണ്ടാവും അതിനാണ് സത്സംഗം ശ്രവണം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ ചെവി കൂടെ കേൾക്കുന്നു കേൾക്കണ വിഷയത്തിനേക്കാളും കേൾക്കുന്നവനിൽ ശ്രദ്ധ പോകും ഏന ശ്രോത്രമിതകും ശ്രുതം തതേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസത്തെ ഉപനിഷത്ത് പറഞ്ഞു നീ എന്ത് കേൾക്കുന്നുണ്ടോ ശ്രോത്രം കൊണ്ട് അത് ബ്രഹ്മമല്ല ുള്ളതുകൊണ്ട് ശ്രോത്രം കേൾക്കുന്നുവോ അതാണ് ബ്രഹ്മം ആരാണ് ഈ ചെവിക്ക് പുറകിലിരുന്ന് കേൾക്കണത് ആരാണ് ഈ കണ്ണിലൂടെ കാണുന്നത് ആരാണ് ഈ മനസ്സിലൂടെ ചിന്തിക്കുന്നത് ആരാണ് സ്വപ്നം കാണുന്നത് ആരാണ് സ്വപ്നം പോലും സുഖമായിട്ട് ഉറങ്ങുമ്പോ അസ്തിത്വം മാത്രമായിട്ട് ഇരിപ്പ് മാത്രമായിട്ട് നിലനിൽപ്പ് മാത്രമായിട്ട് കേവല ഉണ്മയായിട്ട് എക്സിസ്റ്റൻസ് ആയിട്ട് ഇരിക്കുന്നത് ആ സത്തിനെ അറിഞ്ഞു കഴിയുമ്പോ അതിൽ നമ്മളുടെ ശ്രദ്ധ പോകുമ്പോ ശ്രദ്ധ പോയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്ക ആവർത്തിരസഹൃതുപദേശാ എന്ന് വ്യാസഭഗവാൻ ബ്രഹ്മസൂത്രത്തില് പറഞ്ഞു വീണ്ടും വീണ്ടും ആവർത്തിക്കാന്നാണ് ചില മഹാഭാഗ്യവാൻമാർക്കൊക്കെ ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും കിട്ടും പക്ഷെ നമ്മൾ അങ്ങനെയാണെന്ന് നമുക്ക് കൂട്ടാക്കാൻ പറ്റില്ലല്ലോ പരീക്ഷിത് ഒരു പ്രാവശ്യം ഭാഗവതം കേട്ടുള്ളൂ നമ്മൾ എത്ര സപ്താഹം കഴിഞ്ഞിരിക്കണു അല്ലേ പരീക്ഷിത്ത് ഒരു പ്രാവശ്യമേ ഭാഗവതം കേട്ടുള്ളൂ കേട്ട് കഴിഞ്ഞ് അവസാനം പരീക്ഷിത്ത് പറഞ്ഞു ഭഗവാനെ അവിടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു സിദ്ധോസ്മി അവസാനത്ത് ഉപദേശം എന്താ ഹേ രാജൻ നീ മരിക്കുമെന്നുള്ള അജ്ഞാനം വിട്ടുകളയൂ ത്വം തുജൻ മരിഷ്യേത്തി നീ ജനിച്ചിട്ട് തന്നെ തനിക്ക് ദേഹം തന്നെയില്ല താൻ നിത്യ ശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ വസ്തുവാണ് ആത്മാവാണ് ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിച്ചു പരീക്ഷിത് പറഞ്ഞു സിദ്ധോസ്മി അനുഗ്രഹീത്തോസ്മി ഭവതാ കരുണാത്മന ഞാൻ സിദ്ധനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു അവിടെ അനുഗ്രഹിച്ചിരിക്കുന്നു ശ്രാവിതോ യച്ഛമേ സാക്ഷാദ്ദിനിധനോ ഹരി ജനന മരണമില്ലാത്ത ഹരിയെ ഞാനിതാ ഹൃദയത്തിൽ കണ്ടിരിക്കണു എനിക്ക് മരണത്തിന്റെ ഭയം നീങ്ങിയിരിക്കണു ഞാൻ പൂർണ്ണ ബ്രഹ്മനിഷ്ഠനായിട്ട് തീർന്നിരിക്കുന്നു പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ഞാൻ ബ്രഹ്മനിർവാണത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഭയമില്ലാതായിരിക്കുന്നു എന്നൊക്കെ ഏഴ് ദിവസം കൊണ്ട് ആ രാജാവ് കൃതകൃത്യനായിട്ട് തീർന്നു പൂർണമായിട്ട് തീർന്നു മൃത്യൂനാ എന്നാണ് മൃത്യുവിനെ തന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ഏഴ് ഏഴ് ദിവസം ചിലർക്ക് ഒരു ഒരു ഒരു പ്രാവശ്യം ശ്രവണം ചെയ്താൽ പിടിക്കാനുള്ള മഹാപ്രതിഭാശാലികളായിട്ട് ഉണ്ടാവാം പക്ഷെ നമ്മൾക്ക് അതുണ്ടാവുന്നവരേക്കും നമ്മളുടെ ചിത്രം പ്രവർത്തിക്കുന്നവരക്കും സമാഹിതമാവുന്നവരക്കും വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും കേൾക്ക കേട്ട് ചിത്തത്തിനെ സ്വരൂപത്തിലേക്ക് തിരിച്ചുവിടുക ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞുകൊണ്ടേയിരിക്കുക ഒരേ ചോദ്യം ഹൃദയത്തിൽ വയ്ക്കും ഞാൻ ആരാണ് ഈ മരിച്ചു പോകുമെന്ന് വിചാരിക്കണ ആൾ ആരാണ് ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ആരാണ് ഇതിനകത്ത് ആരാണോ ഉള്ളത് ഈ ശരീരത്തിനുള്ളിലിരുന്ന് കണ്ണിലൂടെ കാണുന്നതാറ് ചെവിയിലൂടെ കേൾക്കുന്നതാറ് മൂക്കിലൂടെ മണക്കുന്നതാറ് നാവിലൂടെ രൂചിക്കുന്നതാർ ഉള്ളിൽ ഈ വ്യക്തി ആരാണ് ഇങ്ങനെ ഉള്ളില് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഉത്തരം റെഡിമെയ്ഡായിട്ട് സപ്ലൈ ചെയ്യരുത് നിങ്ങൾ ഗീതാ ക്ലാസ്സിലൊക്കെ പോയിട്ട് അതിന് പഠിച്ച് ഉത്തരം കൊടുക്കരുത് ആത്മാവാണ് ബ്രഹ്മമാണെന്നൊന്നും പറയാൻ പാടില്ല ഉത്തരം അനുഭവമായിട്ട് ഹൃദയത്തിൽ വരുന്നവരെ ചോദ്യത്തിനെ മാത്രം ഉള്ളില് പിടിച്ചുകൊണ്ടിരിക്കണം ആ ചോദ്യമാണ് മുഖ്യം ചോദ്യത്തിനെ വെച്ചുകൊണ്ട് ഉള്ളില് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക വെയിറ്റ് ചെയ്യ ഉള്ളില് ഉള്ള അന്തര്യാമി സ്വയമേവ ആവരണം നീക്കി എല്ല മറകളും നീക്കി സ്വയം സൂര്യവനെ പോലെ പ്രകാശിക്കുന്നവരക്കും ഈ ചോദ്യം ഉള്ളില് വെച്ചുകൊണ്ട് ആരാണ് ഇതിനകത്തുള്ള ആള് ആരാണ്